അവർ പ്രവേശിക്കുന്ന ശാശ്വത സൌഭാഗ്യങ്ങളുടെ സ്വർഗ്ഗങ്ങൾ അവരുടെ പിതാക്കളിലും പങ്കാളികളിലും സന്തതികളിൽ നിന്നും സൽക്കർമ്മ ചെയ്തവരും അവിടെ പ്രവേശിക്കും മലക്കുകൾ എല്ലാ വാതിലിലൂടെയും അവരുടെ അടുക്കൽ പ്രവേശിക്കും